മായ പ്രപഞ്ചൊന്ന് വർത്തിച്ചാൽ വീണ്ടും അത് അനുവർത്തിക്കുന്നു അതിന്റെ ദോഷങ്ങൾ നമ്മൾ ബാധിത അനുഭൂതിയെ അംഗീകരിച്ചുകൊണ്ട് തുടങ്ങുന്നു ആരാർഭീസി എന്നുള്ള പ്രശ്നം ഏകമായ അദ്വീയമായ ആത്മാവർത്താനും ശേഷനെങ്കിലും പിന്നെ ആരാര ഞാൻ അടുത്തു പറയുന്നത് ഭാഷത്തിൽ ബാധിത അനുഭൂതിരത് കേരള ശക്തി നൃത്തം ാധ്യത അനുഭൂതി എന്ന് പറയുന്ന ഒരാശയം പോലും പറയാൻ അത് എനിക്ക് കഴിയത്തില്ല അത് തന്നെ പറയാൻ കഴിയത്തില്ലെന്ന് നേരത്തെ ബാധക അനുമതി അംഗീകരിച്ചു പറയുന്നു അതും ശരിയാവില്ല അതെങ്ങനെ ബാധകേന അദ്വിതീയ ആത്മജ്ഞാനേന ആത്മവ്യതി ഭേദ ജ്ഞാനകരണസ്യം അനാദ വിരഷ്ടമായ ജ്ഞാനം അന്തരീയാക്കുന്ന ബാധ്യമാകുന്ന അനാദിയജ്ഞാനം അജ്ഞാനം നഷ്ടമായി നോക്ക നശിച്ചു നശിച്ച അജ്ഞാന കാര്യങ്ങളും നശിച്ചു പിന്നെന്താ ബാധ്യത അനുഭവം അങ്ങനെ ഒന്നില്ല അജ്ഞാനത്തെ കൂടെ ഉപാദാനമായിട്ട് അസ്ലി ഉപാധാനം നശിച്ചതിന്റെ കാര്യങ്ങൾ അതിയ അദ്ധീയ ആത്മജ്ഞാനം കൊണ്ട് ആത്മവ്യതിരിത ഭേദാന കാരണ ആത്മവ്യതിരിതമായ ഭേദജ്ഞാനം അതിന് കാരണമായിരിക്കുന്നു അനാവീന്ന ജ്ഞാനം അത് വിനഷ്ടമായി കാരണം അനാവേ എന്ന് പറയുന്ന പറയുന്നുണ്ട് ബാധകേന എന്ന തോടെ പറയുന്നു ഈ കാരണാഭാവിയും കാര്യം ഘടയത് കാരണം എന്തെങ്കിലും കാര്യങ്ങളിൽ നിലനിൽക്കുന്നു എന്നാണ് ദോഷം നിവർത്തവും ഭ്രാന്തി നിലത്തരും സിനിമ പ്രപഞ്ചം ഒരു ഭ്രാന്തിയാണ് ഈ ഭ്രാന്തി കർണമെന്ന ദോഷം അജ്ഞാനദോഷം ആ ദോഷം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലാണ് പ്രപഞ്ചം നിൽക്കുന്നത് കാരണം നിശ്ചിത ഭ്രാന്തി നിശ്ചിത രജ്ജു അജ്ഞാനം നശിക്കുന്നു രജ്ജിന്റെ ജ്ഞാനവും ഉണ്ടാവുന്നു അപ്പൊ ഭ്രാന്തിയായ സർപ്പം നിവർത്തിച്ച് അങ്ങനെയാണെങ്കിലും രജുജ്ഞാനം ഉണ്ടായി സർപ്പജ്ഞാനത്തിന്റെ ഭാഗമായ അജ്ഞാനം നശിച്ചു സർപ്പം ഭ്രാന്തി അതുകൊണ്ട് ദോഷം നിവർത്തവും ഭ്രാന്തി ഇത് സ്വീകരിച്ചേ പറ്റും നിർത്തുന്നു അനാദിയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാനത്തിൽ സ്വരൂപത പ്രവാഹത്തോവാദെ അന്യർത്തകതയാ അന്യ അനുവർത്തിയാ ഏതാണ്ടം കാലം അനുവർത്ത ഭേദജ്ഞാന കാരണഭൂത ദോഷസ് അദ്വൈതജ്ഞാനീനാവിനാശോനസ നിത്യസംസ ബ്രഹ്മസ്യ ഇത് അംഗീകരിച്ച വിട്ടു എന്താണ് സ്വരൂപക പ്രവാഹകോവാ സ്വരൂപേണം അല്ലെങ്കിൽ പ്രവാഹരൂപത്തിൽ പ്രവാഹരൂപത്തിൽ കാര്യക്കാരൻ അനുഭവിക്കും അന്യ അനിവർത്തിയതയാതാവം കാലം അണിവർത്ത അന്യ അനിവർത്തിയ മറ്റൊന്നുകൊണ്ടും നശിക്കാത്ത കേവലം ആത്മജ്ഞാനം കൊണ്ട് മാത്രം നശിക്കുന്നതാണ് അജ്ഞാന മറ്റൊന്നുകൊണ്ടൊന്നും മറ്റൊന്നുകൊണ്ടും നശിക്കാത്തതായ ഏതാവളം കാലം അനുവൃത്ത ഇവിടെ ജ്ഞാനം ഉണ്ടാകുന്നതുവരെ ഇവിടെ ഉപദേശിക്കുന്ന ഗുരുവിന് ജ്ഞാനം ഉണ്ടാകുന്നതുവരെ അനുവൃത്തു തുറന്നുകൊണ്ടിരിക്കുന്ന ഈ അജ്ഞാനം ഭേദജ്ഞാനകരണഭൂതസ്യ ദോഷം അത് ഇനി പറയുന്ന അനുസരിച്ച് ഭേദജ്ഞാനത്തിന് കാരണമായിരിക്കുന്നതാണ് ഈ ദോഷം അജ്ഞാനം അത്വേതജ്ഞാനീലാഭിനാശം ജ്ഞാനം കൊണ്ടോ നശിച്ചില്ലെങ്കിൽ എന്റെ സമാഗ്യം നിത്യ സംസാരത്തിന്റെ ബ്രഹ്മണസ്യം ബ്രഹ്മം നിത്യസംസാരി എന്ന് പറയുന്നുണ്ട് അജ്ഞാനം നശിക്കുന്ന സ്വീകരിച്ചാൽ പിന്നെ ദേദാനുഭവം ഉണ്ടാവും അദ്വീതിയുടെ എല്ലാം അഭിപ്രായം പറയുക ഏതാനും കൊണ്ടായാലും ബാധിത അനുവടിപ്പിക്കും എന്ന് പറയാൻ പറ്റില്ല ബാധിതമായ അനുവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റും ഇനി ഇത് ഒരു സാമാന്യ നിയമമാണ് നദ്വീകളെന്ന് പറയുന്ന സാധന ഒരു ഉദാഹരണം അതിനെ കുറിച്ച് പറയുക പരമാത്മികഹേത അവിനഷ്ട്രങ്ങളിൽ ബാധ്യതാലോക്തി അംഗീകരിക്കുക എവിടെ ചന്ദ്ര ഒരാൾ കണ്ണിലെ തിമിര ദോഷം അതിനാകാശത്ത് നോക്കുമ്പോൾ രണ്ട് ചന്ദ്രനെ കാണും അടുത്തേക്കുന്ന ആളോട് പറയുന്നത് വളരെ അതിശയത്തോളം ആശ്ചര്യത്തോ ആകാശത്ത് ഞാൻ രണ്ട് ചന്ദ്രനെ കാണുന്നു പഴയ ഒരു ചന്ദ്രനേ ഉള്ളൂ ഉറപ്പായിട്ട് അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് രണ്ട് ചന്ദനം കാണുന്നു അയാളെ പറഞ്ഞാൽ തിമിര ദോഷമുണ്ടാവും കണ്ണിന്റെ തിമിരമെന്നുള്ള ദോഷമുണ്ടാകും അയാൾക്ക് മനസ്സിലാകുന്നു അങ്ങനെയാണ് എനിക്ക് തിമിരം കഴിഞ്ഞത് അയാൾക്ക് എന്താണ് ആകാശത്തിൽ ഒരു ചന്ദനേ ഉള്ളൂ എന്ന് ബോധ്യം വന്നു ബോധ്യം വന്നിട്ടും അയാളെ കൂടി രണ്ട് ചന്ദനം തന്നെ കാണുന്നു ഇവിടെ എന്താണ് ബാധ്യത എന്ന് പറഞ്ഞു രണ്ട് ചന്ദനം എന്നുള്ള ജ്ഞാനം ബാധ്യതമായി അത് ശരിയല്ല എന്ന് ഞങ്ങൾ ബോധിച്ചു പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു രണ്ട് ചന്ദനം തന്നെ കാണും ഇതാണ് ബാധ്യത എന്നുള്ളത് എവിടെ ഇത് ശരിയാകും പ്രപഞ്ചത്തിൽ ഇത് ശരിയാകില്ല എന്നാ മതി ഉച്ചസർപ്പത്തിലോ ശുക്തികാല യുത്വത്തിലോ ഒന്നും എനിക്ക് ശരിയാ അവിടെ എല്ലാം എന്താണ് ശുക്തിജ്ഞാനം ഉണ്ടായാൽ ദ്രവിജ്ഞാനമുണ്ടായ പിന്നെ ബാഹ്യകാലമൃത്തിയല്ല അത് പോയി ബ്രഹ്മജ്ഞാനം ഉണ്ടാവും ബ്രഹ്മജ്ഞാനം ഉണ്ടായ നശിക്കും അത് ശുദ്ധരേഖയ്ക്ക് സംഭവിക്കും പോലെയാണ് ശുദ്ധിജ്ഞാനം ഉണ്ടായി ശുക്തിജ്ഞാനം നശിച്ച് ഭ്രാന്തികൾ ബ്രഹ്മജ്ഞാനമുണ്ടായി ബ്രഹ്മജ്ഞാനം നശിച്ചു ഭ്രാന്തികൾ അവിടെ ബാധ്യത നിലയ്ക്ക് വരത്തില്ല ഇവിടെ ബാധ്യത നമ്മൾ ഉദാഹരണങ്ങളെ കാണിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉദാഹരണത്തിൽ തന്നെ സിദ്ധാന്ത വിരുദ്ധമായ ഭാഗം എന്നാൽ പ്രശ്നം സാധാരണ അദ്ദേഹം പറയുന്നത് എന്താണ് ഞങ്ങൾ പറഞ്ഞ ഭാഗം മാത്രം എടുത്താണ് സിദ്ധാന്തവിരുദ്ധമായ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളിടക്കില്ല ഞങ്ങളെന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം മാത്രം എടുത്താണ് അങ്ങനെ പറയാൻ പറ്റും അത് ശിഷ്യന്മാർഗത്തെ പറയാം ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ അവര് സംഭവിക്കും പറയും നിങ്ങൾ ആ ഭാഗം എടുത്ത് ഇങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഗം അടുത്തത് തെറ്റാണെന്നും പറയാം ശിഷ്യന്മാരോട് പറയുന്ന പ്രതിവാദിയോട് പറയാൻ പറ്റും രണ്ട് രണ്ട് ഈ അവരോട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ച സമ്മാനം പറഞ്ഞു അപ്പോ തിരുചന്ദ്ര ജ്ഞാനം ഇത് ഒരു മസോത്രത്തിൻ്റെ തന്നെ തിരുചന്ദ്ര ഇത് നമ്മുടെ ഉദാഹരണമായി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെയും ദേവൻ തുടക്കത്തിൽ ഇതേ തന്നെ ഈ നിജന്ദ്രജ്ഞ നിജന്ദ്രജ്ഞാനൊന്നേതത്വജ്ഞാനേന ഇവിടെ എന്താണ് എന്തുകൊണ്ട് ഇവിടെ ബാധ്യത അനുവദത്തി സംഭവിക്കുന്നു കാരണം ഇവിടുത്തെ ദോഷം ഇതിന് അദ്വൈതം പറയുന്ന സ്വാഭാവിക ഭ്രാന് ഇവിടുത്തെ ദോഷമെന്ന് പറയുന്നത് കണ്ണിന്റെ ദോഷമാണ് കണ്ണിനോട് തിമിരമാണ് ഈ ദോഷം എന്നുള്ളത് അജ്ഞാനം എന്ന് വെച്ചാൽ എന്റെ ഭ്രാന്തി പക്ഷെ ഇവിടെ ദോഷം എന്ന് പറയുന്നത് പ്രധാന ദോഷം കണ്ണിന്റെ ദോഷമാണ് ഉപാധി അപ്പൊ അടുത്തിരുന്ന ആള് പറയുകയാണെങ്കിൽ അതിന് മോൾ ചന്ദ്രൻ ഒന്നേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന ദോഷം മാറുന്നു അവിടെ പാരമാർത്ഥിക ദോഷം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ദോഷമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ദോഷം അതുകൊണ്ട് സംഭവിക്കുന്ന അത് വേറെ ആയിരിക്കും നിങ്ങൾ പറയുന്നവര് ദോഷം അജ്ഞാനമാണെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം വേറെ ജ്ഞാനത്തിൽ ബാധിതാനുവൂർത്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷം അജ്ഞാന അവിടുത്തെ പ്രധാന ദോഷം എന്താണ് തിമ്മിരമ രഞ്ജിസർപ്പത്തിൽ നിങ്ങൾക്ക് ബാധിതാനുവർത്തിയെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അവിടുത്തെ പ്രധാന ദോഷം അജ്ഞാനം അപ്പോൾ അജ്ഞാനത്തെ നിങ്ങൾ ദോഷമായിട്ട് എടുക്കുകയാണെങ്കിൽ ബാധ്യതകൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല മറ്റെന്തെങ്കിലും യഥാർത്ഥത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഭ്രാന്തിയാണെങ്കിൽ അവിടെ കിട്ടുന്ന ബാധിതാക്കളൊക്കെ പദ്ധതി അജ്ഞാനദോഷം കൊണ്ട് ഭ്രാന്തി ഉണ്ടാവുകയാണെങ്കിൽ അജ്ഞാനം നശിച്ചാൽ ഭ്രാന്തി ശരിയാവും ബാധ്യതാനിവൃത്തിയില്ല യഥാർത്ഥ ദോഷം കൊണ്ട് ഭ്രാന്തി സംഭവിച്ചാൽ ഭ്രാന്തി മാറിയാൽ അവിടെ ഭ്രാന്തി കൊണ്ട് ഭ്രാന്തി നശിച്ചാൽ ഭ്രാന്തി മാറിയാൽ അവിടെ ബാധ്യത അനുവർത്തി ഉണ്ടാവും പക്ഷെ അവിടെ കാരണം എന്തായിരിക്കും ഭ്രാന്തിക്ക് കാരണം എന്തായിരിക്കും യഥാർത്ഥം ീരി വെട്ടില് മനസ്സിലായത് ബാധ്യത ആനുമത്യ സംഭവിക്കണമെങ്കിൽ കാരണം വാസ്തവമായി അല്ല അജ്ഞാന കാരണമാണെങ്കിൽ ബാധ്യതാനുമതി സംഭവിക്കില്ല അദ്ദേഹം തന്നെ ഉദാഹരണം എടുത്തു വച്ചിട്ട് തമാൻചാചാര്യർ പറയുകയാണ് അതുകൊണ്ട് ബാധ്യതാനുമതി അദ്വൈതി പറയുന്ന സിദ്ധാർത്ഥം അനുസരിച്ച് ഒരിക്കലും നടക്കുന്നില്ലെന്നോന്നു അദ്വൈതി ഭ്രാന്തിക കാരണമായി പറയുന്ന എന്തിനാണ് അജ്ഞാനം അജ്ഞാനമാണ് കാരണം നശ്വരത്തിന്റെ ഭാഗം വേണ്ടി ഇല്ല അതാണ് ഗജസർപ്പത്തിൽ ശുപ്തികാരൊക്കെ സംഭവിക്കുന്നു അദ്വൈതി എപ്പോഴും പറയുന്ന ഈ പ്രപഞ്ചം തന്നെ ശുദ്ധികാരം പോലെയാണ് ഗജസർപ്പം പോലെയാണെന്ന് പറയും നിരന്തരം ഭ്രാന്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നത് ഉണ്ടാകുന്നു ഉദാഹരണം അനുസരിച്ച് ഉദാഹരണം വേണമല്ലോ കാര്യങ്ങളെ വിശദീകരിക്കാൻ അങ്ങനെ വിശദീകരിക്കും ഇത്തരം സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നതിന് ഇത്തരം ഉദാഹരണങ്ങളെല്ലാം വേറെ ഒന്നുമില്ല അതുമല്ല ഇത്തരം കാര്യങ്ങൾ സിദ്ധാന്തങ്ങളെ വേറെ പറഞ്ഞ് പറ്റും ഉദാഹരണം എന്താണ് അജ്ഞാനം കൊണ്ടാണ് ഭ്രാന്തി ഉണ്ടാകുന്നത് അജ്ഞാനം ദശിച്ചാൽ ഭ്രാന്തി നശിക്കും അവിടെ ബാധ്യത അനുമൂട്ടി ഇല്ലെന്നവിടത്തെ ചർപ്പത്തെ കാണാൻ പറ്റും രഹിതത്തെ കാണാൻ പറ്റും അല്ല യഥാർത്ഥത്തിലുള്ള കാരണം എൻ്റെ പിന്നിലുണ്ടെങ്കിൽ തിമിരമ്പോ ബാധ്യത അനുമതി ഉണ്ടാവും വളരെ വ്യക്തമാണ് അപ്പോൾ അദ്വൈതി പറയുന്നു തത്വവിജ്ഞാനിക്ക് ജ്ഞാനമുണ്ടായ അജ്ഞാനം ഉദ്ദേശിച്ചു ബാധിതാനുവർത്തി ഉണ്ടാവും അപ്പോൾ ഭ്രാന്തികാരണമായി അദ്വൈതി അജ്ഞാ അസത്യമായ അജ്ഞാനത്തെ സ്വീകരിച്ചോ അതോ യഥാർത്ഥമായൊരു കാരണത്തെ സ്വീകരിച്ചു എന്തുത്തരം പറയുമ്പോഴും അദ്വൈതിയെ പൂട്ടിക്കെട്ടി മനസിലായി രാമായ പഠിപ്പ പ്രേമജിയും ചിന്തിച്ചതേ ഇല്ല ആ അത് സാറിന് പറയുന്നത് ചക്രഭ്രഹ്മ പറയും സംഗ്രാചാര്യത്താരണം പറയുന്നത് തത്വജ്ഞാനം ഉണ്ടായാലും എന്താണ് ആ രണ്ടു മൂന്ന് സ്ഥലത്ത് ഭാഷയ്ക്ക് പറയുന്നു ചക്രം കറക്കി വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണോ കുറച്ച് സമയം കറങ്ങുന്നു അതുപോലെ അത് ഒരു ഉദാഹരണം എന്താണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ബാധ്യത എന്ന് പറഞ്ഞത് അതിന് തന്നെ ഈ ഭാഷയിൽ പറയുന്നു ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നിങ്ങൾ ശിക്ഷേനെ ഉപദേശിക്കുന്നു അദ്വൈതവി എന്ത് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ശിക്ഷനെ ഉപദേശിച്ചു എന്തുകൊണ്ട് ധർമ്മരക്ഷ ചെയ്യുക എന്താ പറയുന്നത് എന്താണോ അതെന്റെ പ്രാരംഭം എന്തെങ്കിലും വേണ്ടാതെ ചെയ്താലും എന്ന് പറയും അതെന്റെ പ്രാരംഭം അതിന് സുന്ദരായെന്ന് പറഞ്ഞാണ് ചക്രങ്ങൾ ഇങ്ങനെ കുറെ കാലങ്ങളൊക്കെ അറിയൊണ്ടേ പിന്നെ എന്താണ് അതങ്ങ് തനിയെ നിൽക്കും തീർന്നു അപ്പോ ഈ പ്രാരംഭത്തെ തന്നെയാണ് ബാധ്യത അഭിവൃദ്ധി എന്നുകൂടെ അപ്പൊ ശിക്ഷന് ചക്രം നിന്നു പോകുന്നുണ്ട് അതാണ് പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ തുടർന്ന് കാണുന്നുണ്ടോ അവിടെയൊക്കെ എന്താണോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ദോഷം അതവിടെ കാണും സംശയം വരുമരീകരണം എന്ന് പറഞ്ഞാൽ അവിടെ അധിഷ്ഠാനമായിരിക്കുന്നത് ആ ഭ്രാന്തിക്ക് അധിഷ്ഠാനമായിരിക്കുന്ന സൂര്യകിരണങ്ങളാണ് സൂര്യകിരണങ്ങളും പിന്നെ എന്താണ് ചൂട് വായു അപ്പൊ സൂര്യകിരണങ്ങളും ചൂടുവായും ആണവിടെ കാരണമായത് അപ്പോ അതവിടെയുണ്ട് അത് ഈ ദ്വിജം തന്നെ എന്ന് കാണുമ്പോഴോ കാരണങ്ങളൊക്കെ എവിടെയുണ്ട് അത് രജസർപ്പം പോലെ എടുക്കാൻ പറ്റും ആ ദ് ദ്വിചന്ദ്രനെ കാണുന്നതും പറയാമല്ലോ എന്റെ അജ്ഞാനമാണ് കാരണം പക്ഷേ യഥാർത്ഥമായൊരു കാരണം ഇവിടെ എനിക്കുണ്ട് ദ്വിചന്തികയിലുള്ളതുപോലെയുള്ള ദോഷം ഇവിടെ ഇവിടെ കണ്ണിന് ദോഷം മരുമരികളിലെന്താണ് പ്രകാശവും ചൂടുവായുമാണ് അവിടുത്തെ ദോഷം അതുകൊണ്ടാണ് ഇത് കാണുന്നത് ഇല്ലാത്ത ഒന്ന് കാണുന്നതിന് കാരണമായിരിക്കുന്ന അതിലും അതുകൊണ്ടാണ് അതിന് ദോഷവും ഉണ്ട് വാസ്തവത്തിൽ അവിടെ വെള്ളമില്ല എന്താ വെള്ളത്തെ കാണുന്നുണ്ട് അപ്പൊ കാണുന്ന തന്നെയാണ് ദോഷങ്ങൾ എന്താണ് ദോഷം അവിടത്തെ സൂര്യകിരണങ്ങളും ചൂട് പിടിച്ച വായും കൊണ്ട് അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകുക രണ്ട് ചന്ദ്രനൊന്നും കാണുന്നു അവിടെയൊക്കെ വാസ്തവ കാരണങ്ങളവിടെ അത് ഈ വിചന്ദ്രനെ കാണുന്നിടത്തും അജ്ഞാനും കൊണ്ടെന്ന് പറയുന്നത് അഞ്ഞ അവിടെ കണ്ണിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അദ്വൈതിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു പക്ഷെ ഭ്രമം ഇവിടെ ഉണ്ടാകുന്നു എന്താണ് ഒന്നിന് രണ്ടായി കണ്ട അതിന്റെ കാരണമായിട്ട് എന്താണ് ഭ്രമത്തിന് കാരണമായി അജ്ഞാനത്തെ അസ്വീകരിക്കണം ഇല്ലെങ്കിൽ അദ്വൈതിക്ക് ഉദാഹരണം കൊണ്ടുവരാൻ പറ്റത്തില്ല അവര് പോലെ അതായത് അദ്വൈതി ഈ അധിചന്ദ്രാനം എന്ന് പറയുന്ന ഉദാഹരണത്തിൽ കൊണ്ടുവരുന്നത് എന്താണ് അജ്ഞാനം കൊണ്ട് ഭ്രമം ഉണ്ടാകുന്നത് സമർത്ഥിക്കാനാണ് പിന്നെ അദ്വൈതി അദ്വൈതിയോട് ചോദിച്ചാൽ പറയും അവിടെ ഒരു ഉപാധി കൂടിയാണ് ഇത്രയും പറയാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് അവിടെ രണ്ട് ഞാൻ കാണുന്നിടത്ത് ഭ്രഹ്മില്ലാന്ന് പറയുന്നു അത് ഭ്രഹമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉദാഹരണം അദ്ദേഹിക്കൊണ്ടുവരാൻ ബ്രഹ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാലോ ബ്രഹ്മത്തിന് കാരണമായിട്ട് അദ്ദേഹം എല്ലായിടത്തും നിസ്വീകരിക്കേണ്ട ഒരു അജ്ഞാനമാണ് ഇതത്രയും സിദ്ധാന്തമാണ് അതെയോഴി ആരൊക്കെ പോകുന്നു ആരൊക്കെ മരുഭൂമിയിലേക്ക് നോക്കുന്നു അവിടെയൊക്കെ ഈ ചൂട് പിടിച്ച വായുവും സൂര്യകിരണങ്ങളും ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ എന്തുവാണ് ഒരാളെല്ലാം ഏ അത് ഒരാൾ പറയുകയും അവിടെ ഇത് മരുഭൂമിയാണ് അവിടെ വെള്ളം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയില്ല എന്ന് നിരന്തര യാത്ര കൊണ്ട് മനസ്സിലാക്കിയാവപ്പെട്ടത് അവർക്കത് കാണുമ്പം തന്നെ മനസ്സിലാകും എന്താണ് ഇതൊരു പ്രതിഭാസമാണ് അസത്യം ഏതാ ഇവിടിയും അത് തന്നെ പറയുന്നു ശരിയായ ജ്ഞാനം ഉണ്ടായതിനു ശേഷവും അത് ഇതുപോലെ തന്നെ തിബിരം വന്നു അടുത്ത് തന്നെ ആണ് പറഞ്ഞു തിവരദോഷമാണ് ദോഷം അവിടെ തന്നെ ഇരിക്കുന്നു അയാളുടെ വീടിന് എന്ത് ചന്ദ്രനെ കാണുന്നു അതിനാണ് ബാധാവ് ഇത് രണ്ടർത്തും അതുപോലെ ചന്ദ്രൻ എന്ന് പറയുന്നത് സാധനം ഒന്നേ ഉള്ളൂ പക്ഷെ നമ്മളല്ല ഈ തിബിരം വന്നോ കാണുന്നത് രണ്ട് ചന്ദ്രനെയാണ് അവിടെയാണ് പ്രശ്നം മരുമരിചിയിലുണ്ട് സംഭവം മരുമരിചിയിലെന്താണെന്ന് ചൂട് പിടിച്ച വായുവും അവിടത്തെ സൂര്യകിരണങ്ങളും കൊണ്ട് അവനെന്ത് ചെയ്യും തോന്നുന്നു ജലമാണോ ഒരു ചന്ദ്രന് എന്ത് ചെയ്യുന്നു രണ്ട് ചന്ദനം തോന്നുന്നു എല്ലായിടത്തും ഒരേ കാര്യം തന്നെ നമ്മൾ പറയുമായിരിക്കും മരുമരികയും വാസ്തവത്തിൽ അവിടെ ജലമില്ലല്ലോ ആകാശത്തിൽ വാസ്തവത്തിൽ രണ്ട് ചന്ദ്രനില്ലല്ലോ എന്താ വ്യത്യാസം ഒരു ചന്ദനെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾ ഒരു ചന്ദ്രൻ കാണുന്നു ആ ഒന്നിനെ രണ്ടായിരത്തോ ഇവിടെ എന്താണ് ഉണ്ട് ഇവിടെ എന്താണവിടെ പ്രകാശമുണ്ട് അവിടെ ചൂട് പിടിച്ച വായുവുള്ളൂ പക്ഷെ ഇയാള് കാണുന്ന എന്താണോ ഇയാള് കാണുന്ന ജലം ഇവിടെ വസ്തു ഉണ്ടെങ്കിലേ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ് അത് മാത്രമല്ല ഞാൻ ശരിക്കും പറഞ്ഞാണ് അവിടെ ഈ രണ്ടും മാത്രമല്ല വരും മരിക ഉണ്ടാകുന്നതിന് കാരണം ദൂരെ നിൽക്കുന്ന വൃക്ഷങ്ങൾ നിന്ന് പ്രകാശം ഇവിടെ വരുമ്പോൾ വരുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അങ്ങനെ പലതും കാരണമാണ് ഈ പ്രതിഭാസങ്ങളെല്ലാം ഒന്നിച്ചു കൂടുമ്പോഴാണ് അവിടെ വലും വലിയയില് ഇത് കാണുന്നു അപ്പൊ ഒരു കാരണവല്ല പല കാരണങ്ങളും പിന്നെ ഏതാ ഏ അതായത് ദോഷമില്ലെങ്കിൽ അതിന് മനസ്സിലാക്കേണ്ട ഇത് രണ്ടും അദ്വൈതി എന്ന് പറയുന്നതാണ് ഈ രണ്ടുദാഹരണം രാമാനുചാചാര്യം കൊണ്ടുവരുന്നതല്ല നിങ്ങളിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരാളാണ് അദ്വൈതിയാണ് നിങ്ങൾ പദിക്കുന്ന രാമാനുചാചാര്യരാൾ രാമാനുചാചരിക്ക് ഉത്തരം പറയേണ്ട യാതൊരു കാര്യമില്ല ഈ പറയുന്ന ഉദാഹരണങ്ങളിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ എന്നാലും ഞാൻ തൽക്കാനോ അദ്വൈതിയെ രക്ഷിക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ് ഞാനിപ്പോ രാമാനുജാചാര്യരുടെ പക്ഷത്താണ് എനിക്ക് തന്നെ മറുപടിയുടെ ഒരു കാര്യമില്ല എന്നാലും എന്താണ് അദ്വൈദിയോ നമ്മളെ പഴയ പരിചയക്കാരുടെ ആണല്ലോ അദ്വൈതി അതുകൊണ്ടൊരു ആ അതന്നെ ചോദിച്ചു ചോദിക്കുന്നതല്ലേ ചോദിച്ചെനിക്ക് പറയാൻ പറ്റും അത് പ്രശ്നം ചോദിക്കണം ചോദിക്കണ്ടെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ചോദിക്കുന്ന ആ ചോദിക്കുന്നത് എന്താണ് നല്ലത് തന്നെയാണ് നിങ്ങൾ ചോദിക്കുമ്പോ അതിന്റെ കുറെ ആശയങ്ങൾ ഗ്രഹിച്ചിട്ടാ ചോദിക്കും അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് പക്ഷേ ഈ മറുപടി പറയുമ്പോഴേ ഈ മറുപടി അതേ സ്പീഡിൽ ഗ്രഹിക്കണം മനസ്സിലായോ അതും മനസ്സിലാക്കുന്ന കുറച്ച് സ്പീഡിലാണ് അപ്പോ അത് കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെയാണ് എന്നോട് പലരും ഇവിടുന്നില്ല പുറത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഇന്നേക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങൾ പലർക്കും ആശയക്കുഴപ്പങ്ങളുണ്ട് ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാർ ധരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആ വഴിക്കേ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം പിടിക്കും അപ്പോ അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാൻ കുറിച്ച് താമസിക്കും അതിന്റെ പ്രശ്നം ഇവിടെയെല്ലാം ഇത് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം അംഗീകരിക്കുന്നതാണ് എന്ത് ബാധ്യത എന്ന് പറയുന്നത് ഉദാഹരണമായിട്ടും വരുമനെ ജനം എടുത്ത് കാണിക്കാൻ പറ്റും പിന്നെ ഇവിടെ കുറേ സൃഷ്ടിക ഉദാഹരണങ്ങൾ അത് പ്രത്യേകിച്ചും എന്താണ് രജിസർ അവിടെ ബാധ്യത അനുവരുത്തി അവർ സമർത്ഥിക്കുന്നത് ഇവിടെ വേഗം ചരിച്ചു ഇതുപോലെയൊന്നും അത് സമർപ്പിക്കാൻ പറ്റില്ല പിന്നെ പറയും സ്വപ്നം അവിടെയൊക്കെ ബാധ്യത അനുവത്തി സമർത്ഥിക്കുന്നു അതിനുശേഷം ഉണ്ടാകുന്ന ഭയവും മറ്റും വച്ചിട്ടാണ് സ്വപ്നം കണ്ടുകഴിഞ്ഞ മൂന്ന് ഭയം ഉണ്ടാകുന്നത് അതാണ് ബാധ്യത അനുവർത്തി എന്ന് അത് വരും മരിചപോലെയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ സർപ്പമൊക്കെ കണ്ടതിന് ശേഷം ബാധ്യത അനുവർത്തിയുണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്കുണ്ടായ ഭയമാണ് ആ ഭയം കൊണ്ടുണ്ടാകുന്ന ഒരേലും മറ്റും കുറെ സമയം കൂടെ എനിക്ക് വരും പക്ഷെ അത് ഉണ്ടായ ചില കാര്യങ്ങളാണ് അത് അദ്വൈതി അങ്ങനെ പറയുന്നിടത്ത് തന്നെ പരസ്യമുള്ളെന്താണോ എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് ഭ്രാന്തിയുണ്ട് പക്ഷെ അവിടെ അനുവൃത്തി എന്ന് പറയുന്ന യഥാർത്ഥമാണ് അത് ഭ്രാന്തിയല്ല ഭ്രാന്തിയല്ല അനുവൃത്തി നമ്മൾ രഞ്ജൂര സർപ്പത്ത് കൊണ്ട് ഭയക്കുന്നു അത് കഴിഞ്ഞും വിറയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഉറയിലെന്ന് പറയുന്നത് എന്താണോ ഭ്രാന്തിയുടെ അനുവൃത്തിയല്ല പിന്നെ സംഭവിക്കുന്ന യഥാർത്ഥമായിട്ടാണ് ശരീരം എന്ന് പറയുന്നത് അപ്പൊ ഭ്രാന്തിയുടെ അനുവൃത്തിയായിട്ട് പറയാൻ പറ്റും ഭ്രാന്തിയുടെ അനുവർത്തിയായിട്ട് പറയാൻ പറ്റുന്നത് മരുമരീജയാണ് അവിടെ എന്താണോ മുമ്പ് കണ്ടത് അത് തന്നെ ഇന്നും കണ്ടുകൊണ്ടായിരിക്കും അത് പറയാൻ പറ്റിയത് ദ്വിചന്ദ്രജ്ഞ സ്വാഭാവിക ഭ്രമങ്ങളിലെ അത് കൃത്യമായി പറയാൻ പറ്റും മുമ്പെന്താണോ കണ്ടുകൊണ്ടിരുന്നത് വീണ്ടും കണ്ടുകൊണ്ടായിരിക്കും ആ ഭ്രമ അനുഭവം ഉണ്ടാകുന്നതിന് എന്തൊക്കെ ഉണ്ടായിരുന്നു ആ കാരണങ്ങളെല്ലാം അവിടെ ഉള്ളിടത്തോളം പെട്ടെന്ന് മരുഭൂമിയിൽ ഇരുട്ട് വന്നു സന്ധ്യയാവും പിന്നെ അവിടെ ഒന്നും കാണത്തില്ല പിന്നെ ഇവിടെ നിരവധിയില്ല എന്നുകൊണ്ട് അതിന്റെ ഈ പറയുന്ന വിജന്ദ്രജ്ഞാനമാണോ എന്ന് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭ്രാന്തിയില്ല മാറി അപ്പൊ യഥാർത്ഥത്തിലുള്ള ദോഷങ്ങൾ എന്ന് വർദ്ധിച്ചാൽ പിന്നെ ഭ്രാന്തിയില്ല അങ്ങനെയുള്ളടത്ത് ഭ്രാന്തി അംഗീകരിച്ചാൽ അജ്ഞാനത്തെ അംഗീകരിക്കുന്നു അജ്ഞാനം യഥാർത്ഥമല്ല അജ്ഞാനം യഥാർത്ഥമായി സ്വീകരിക്കാൻ പറ്റില്ല അത് ജ്ഞാനം കൊണ്ട് നശിച്ചതെന്ന് ഈ പറയുന്ന ദോഷങ്ങളൊന്നും തന്നെ ജ്ഞാനം കൊണ്ട് നശിക്കുന്നതെന്ന് കണ്ണിന്റെ തിമിരം രണ്ട് ചന്ദ്രനുള്ള വലി ചന്ദ്രനെ ഉള്ളു എന്നറിഞ്ഞാൽ വിവരം മാർക്ക് മരുവലിയിൽ അത് ജലമല്ല അത് വെളിച്ചവും മരങ്ങളുടെ നെഴലും ചൂടുവായും ഒക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭ്രാന്തി മാർഗ്ഗം ഏ ആ ഭ്രാന്തി മാറി എന്തുകൊണ്ട് ഈ പറയുന്ന ഒന്നും അല്ല അവിടെ അജ്ഞാനമൊന്നും ജ്ഞാനം കൊണ്ട് നശിക്കുന്നവരജ്ഞാന അപ്പൊ ഈ പറയുന്ന കാരണങ്ങളൊക്കെ എന്താണ് അതിനെ പറഞ്ഞത് പാരമാർത്ഥികൾ ഭാഷകാർക്കും പറയാം വ്യാവഹാരിക അസത്യം അങ്ങനെ ഒരു സത്യത്തെ പ്രത്യേകിച്ച് ഞാനാണ് ഈ വ്യാവഹാരിക സത്യത്തെ ബാധിക്കുന്നത് അപ്പൊ അവിടെ വീണ്ടും വീണ്ടും അത് ഒരുപാട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും അവസരം വരു അതാണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങൾ യജ്ഞീന ഏതൊക്കെ അർത്ഥം കുശലയും അനുമാതൃവിളരെ മിടുക്കന്മാരായ വ്യക്തി വാദത്തിൽ എന്തു ചെയ്യുന്നു അങ്ങനെ സിദ്ധാന്തങ്ങളെ പൊട്ടിപ്പൊക്കി കഴിഞ്ഞാൽ അഭിയന്ത തലയിൽ തന്നെ അതിനെക്കാളും മെടുക്കന്മാരും വന്നിട്ട് എന്തു ആ കൊട്ടാരത്തെ പൊളിഞ്ഞു അന്യദേവ വിഭാഗത്തിലെ വാചി പീസിനെ സങ്കടത്തോടു കൂടി പറയുന്നതാണ് എത്ര കഷ്ടപ്പെട്ടാണ് ഞാനൊരു സിദ്ധാന്തം ഉണ്ടായി വീണ്ടും ഒരു കെട്ടിപ്പൊത്തുന്ന കെട്ടിപ്പൊക്കുന്നതെല്ലാം നിലം കൊത്തും അതീ പറഞ്ഞ ചോദിച്ച അതെന്തൊക്കെ കെട്ടിപ്പൊക്കുന്നുണ്ടോ അതെല്ലാം നിലം കൊത്തും ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ വിചാരിച്ചതല്ല അതിന് കാരണം വെള്ളമുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവമാണ് അല്ലല്ല കാണുന്നയാളെന്താ പറയുന്നത് അതാ വെള്ളം കിടക്കുന്നത് നോക്കുപോയി കുടിക്കാമോ അത് അജ്ഞാനമല്ലോ അത് ഭ്രാന്തി അതിന് കാരണത്തെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ആ അഞ്ചാണ് അജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ ജ്ഞാനം കൊണ്ട് നശിക്കുന്നത് ഞാനും കൊണ്ട് നശിച്ചുപോയത് നമുക്ക് ജ്ഞാനം ഉണ്ടായില്ലേ അത് വെളിച്ചവണമോ അപ്പൊ എന്താണോ നശിച്ചുപോയത് അത് നശിച്ചുകൊണ്ടാണ് എന്ത് ഭ്രാന്തി മാറിയത് വെളിച്ചവണമെന്നറിയും അപ്പൊ ആ നശിച്ചതാണ് ഞാൻ അതിന്റെ കാരണം ജ്ഞാന നിവൃത്തിയും ആണത് ഞാൻ പറയും വെള്ളവർന്ന് വിചാരിച്ച ഭ്രാന്തി വെള്ളമൊന്നുള്ള വിചാരമല്ല വെള്ളമെന്നുള്ള അനുഭവം അതൊരു വിചാര ചിന്തയല്ല അതൊരു അനുഭവം ഏനും ജ്ഞാനം എന്താ വരുന്നത് അത് വെള്ളമല്ല മനസ്സിലായോ എന്ന് പറയും അവിടെ അച്ഛാനുന്വേഷിച്ചു പിന്നെയുള്ള അനുഭവം എന്താണോ അത് അതിനെയാണ് ബാധിത അനുവർത്തി എന്ന് പറയും അതിനെ പറയുന്നത് പ്രതീതി എന്ന് പറയും അതിനെന്താ പറയുന്നത് മുമ്പ് എന്താണോ സത്യം വിചാരിച്ചിരുന്നത് അത് ഇപ്പോ അതിനെ പറയുന്നത് അത് ഇപ്പൊ അത് പ്രതീതിയാണ് മുമ്പ് അങ്ങനെയല്ല സത്യാനുഭവന ഇപ്പൊ അത് കേവലം പ്രതീതിയാണ് ഈസ്റ്റർ കേവലം പ്രതീതി ആയതുകൊണ്ട് ആരും അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും മുമ്പുണ്ടായിരുന്ന യഥാർത്ഥമായ ജ്ഞാനം യഥാർത്ഥമെന്ന് ധരിച്ച ജ്ഞാനം ഭ്രാന്തി എങ്ങനെയാണ് യഥാർത്ഥം എന്ന് കരുത് പിന്നെ കാണുന്ന എന്താണ് അത് അയഥാർത്ഥമാണ് എന്ന് ധരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രതീതി എന്നൊക്കെ ഞാൻ അനുഭവം വ്യത്യാസം പ്രതി തുടരും സ്വാഭാവികമായ സ്ഥലങ്ങളിൽ നമ്മുടെ രാമാനുജാചാര്യനും പറയും അംഗീകരിക്കുന്നു അത് അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് വിപരീതജ്ഞാനം ഭ്രാന്തി തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് സാറിന്റെ ഏതെങ്കിലും തെറ്റിദ്ധാരണ എന്ന് പറയും ഇത് കൃത്യമായി മനസ്സിലാക്കണം എന്താണോ അത് അവിടെയുള്ള ആ ജലം ഉണ്ട് എന്നുള്ള അനുഭവം ജല അനുഭവം പിന്നീട് പറയാൻ എന്താണ് അതൊരു വെറും തോന്നലാണ് അവിടെ ജലമില്ല പിന്നെ മരുഭൂമിയിൽ പോകുന്നവർ പോയി എന്താണ് അവിടെ റിഫ്ലക്ഷൻ ആണോ റിഫ്രാക്ഷൻ ആണോ അതിന്റെ ഫിസിക്സ് ഒന്നും അന്വേഷിക്കാൻ പോകത്തില്ല അത് ഇങ്ങനെ തോന്നുന്നു അവരതിനെ അവഗണിച്ചു അതിന്റെ കാരണം അവിടെ ചൂടുവായു ആണോ എന്താണ് അതില്ലാത്തവർ ചിന്തിക്കാറില്ല അത് ചിന്തിക്കുന്നവ തത്വ ഹിന്ദവന്മാരാണ് ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ച് രണ്ടനുഭവം ഒന്ന് എന്താണ് ജലാനുഭവം ആദ്യം കാണുന്നതാണ് ജലാനുഭവം കൂടെ പോകുന്ന ആൾ പറയും ആ ജലമെല്ലാം വിരിച്ചിരിക്കുകയാണ് തോന്നി അത്രയും പ്രശ്നം എന്നത് ഞാൻ പറയും വീണ്ടും അയാൾ നോക്കുമ്പോൾ എന്താണോ അയാൾ പറയും ജലം പോലെ ജലം ജലം ഇവ എന്ന് പറയുന്നതിനാണ് ബാധ്യത ജലം എന്ന് പറയുന്നതാണ് ഭ്രാന്തി അതാണ് നമ്മുടെ വ്യത്യാസം ജലം ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത ജലമെന്ന് പറഞ്ഞാൽ ഭ്രാന്തി എവിടെ ഭ്രാന്തിയുടെ അനുഭവിയുണ്ടോ അവിടെ അജ്ഞാനം കൂടാതെ വാസ്തവമായ കാരണങ്ങളെയും അംഗീകരിക്കേണ്ടി വരും സ്ഫടികത്തില് ആകാശത്തിലെ നീതിമ ഭ്രമം മരുമരീചിക എവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തിൽ ഭ്രമം സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ പ്രതീതിക്ക് അജ്ഞാനം കൂടാതെ എന്താ ഒരു യഥാർത്ഥ കാരണത്തോടെ സ്വീകരിക്കും അതുകൊണ്ട് അവിടെയെല്ലാം നിങ്ങൾക്ക് ബാധ്യത അനുവർത്തി അറിയിക്കാം രാമാനുചാര്യം പറയും ശരിയാണ് പക്ഷെ നിങ്ങൾ പ്രപഞ്ചത്തിന് കാരണമായി പറയുന്ന എന്തിനാണ് ഏക കാരണം അജ്ഞാനം ജ്ഞാനം കൊണ്ട് നശിക്കുക ജ്ഞാനം കൊണ്ട് നശിക്കുന്ന അജ്ഞാനത്തെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് പിന്നീട് ഇനി ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യ ഇത് അദ്വൈത സിദ്ധാന്തം പിന്നെ അതെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെയും ചർച്ച ചെയ്യാതെ പിന്നെ വ്യക്തി ആയിട്ടുള്ള ചോദ്യം ചെയ്തു ബ്രഹ്മമാണോ വ്യക്തി വ്യക്തി വേറെയാണോ ബ്രഹ്മം വേറെയാണോ അതൊക്കെ വേറെ വീണ്ടും തർക്കവിതർക്കങ്ങളിലേക്ക് ഇവിടെ ഗുരു ആർക്കാണോ ജ്ഞാനം ഉണ്ടായി എന്ന് ഗുരു ആ ഗുരു ആരാണല്ലോ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ അപ്പൊ ഗുരുവിനെന്തെയോ അജ്ഞാനം ബാധിദാനങ്ങൾ ഇത്രയും മാത്രമേ നമുക്കിപ്പോ ചിന്തിക്കാൻ പറ്റൂ ബാക്കി ീതത്തിന്റെ ഒരുപാട് സങ്കീർണതകളിലേക്ക് കടന്നു വന്ന് മറിച്ച് കുറച്ചുകൂടെ ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ ഇവിടെ ഇത്ര ചേർച്ചയാണ് ഒരു സാക്ഷാത്കാരം ഗുരുവാണ് വരുന്നത് ഗുരുവിന് ജ്ഞാനമുണ്ടായി അജ്ഞാനം ബാധ്യത അനുഗ്രഹത്തിൽ സംഭവിച്ചു കാരണം അജ്ഞാനമായി സ്വീകരിച്ച് വേറെ ഒരു സംഭവിച്ചു ബാലാവിലൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ പറയും ഉദാഹരണമനുസരിച്ച് അജ്ഞാനങ്ങൾ കൂടാതെ വാസ്തവ കാരണങ്ങളും കിട്ടും ഏത് ഉദാഹരണമാണോ നിങ്ങൾ ബാധിതാനുവൂർത്തിക്ക് എടുത്തു കാണിക്കുന്നത് അവിടെയൊക്കെ അജ്ഞാനം കൂടാതെ വേറെ കാരണങ്ങളും ഇതാണ് പറയുന്നത് അതുകൊണ്ട് ബാധിതാനുവർത്തിയേ സ്വീകരിക്കുന്നത് അത് ശിഷ്യന്മാരോട് പറയാം ഇത് ശരിയല്ലെന്ന് പറയാൻ പറ്റുന്നതുകൊണ്ടൊക്കെ അത് പറയാൻ പറ്റും എല്ലാരും അംഗീകരിക്കുന്നു ഇത് അപ്പോ അത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടിട്ട് ഉദാഹരണത്തിന്റെ ദോഷത്തെ എടുത്ത് കാണിക്കാൻ ഈ ചോദ്യം ചോദിക്കുന്നതൊക്കെ അവകാശം ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്താണോ അവർക്ക് ശ്രദ്ധ വേണം പറയുന്നത് വിശ്വാസം ഏ വാസ്തവമാണെങ്കിൽ മറ്റുള്ളവർ പിടിച്ച് ചോദിച്ചതിനെ പിടിച്ച് ചോദ്യം ചോദിക്കാൻ പോകില്ല വാസ്തവമാണെങ്കിൽ അവർ പറയുന്നത് വാസ്തവത്തിൽ നിന്നാണ് നിങ്ങളാൾക്കാരെ പറ്റിക്കുന്നു അത് രണ്ടു തരത്തിലാണ് ചർച്ച ഒന്ന് ശിഷ്യനോട് പറയും മറ്റൊന്ന് എന്താണ് കുറുപക്ഷേ ചോദ്യം ചോദിക്കുന്നവനോട് പറയും അപ്പോ ചോദ്യം ചോദിക്കുന്നവനോ അവകാശങ്ങളോ അവകാശത്തെ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളിങ്ങനെ എത്രയൊക്കെ ശ്രമിച്ചാലും ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കഴിക്കാൻ പറ്റും നടക്കുന്ന കാര്യം ും പറ്റില്ല നിങ്ങളുടെ ഉള്ളിലോടൊപ്പം ഒരു ഇവിടെ നിന്നും കൊണ്ട് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പൊതുവെ അദ്വൈതികൾ എന്നാ അത് നമുക്ക് നിങ്ങൾ തന്നെ ഇങ്ങനെ മുതിർന്ന ഉപപത്യമാകുന്നു ബാധ്യത അനുഭവത്തേക്ക് ശങ്കരാചാര്യെന്ന് പറയുന്നതാണ് ചന്ദ്രന് തുടക്കത്തിൽ ബ്രഹ്മസൂത്രം ഇത് രാമാനുരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷയത് ഇതിന് കൂടുതൽ വിശദമായി അലക്കുന്നത് വെളുപ്പിക്കാനില്ല അലകുന്നത് കീറിക്കളയാണ് തുണി അലകുന്ന രണ്ടു നേരം ഒന്ന് വെളുപ്പിക്കാൻ കൂടുതലങ്ങി കീറിപ്പോ ശരി നിങ്ങൾ പറയുന്ന കിടക്കുന്നു ധിജന്തു അതിന്റെ ഉപഭൂത്തി ഞാൻ പറഞ്ഞുതരാന്നാ പറയുന്നത് അവിടെ ബാധ്യത അനുവദത്തി സംഭവിക്കുന്നു എന്താ അതാണ് പറയുന്നത് പരിചയുണ്ടാവുന്നത് പനയിലെന്ന് പറഞ്ഞാൽ എട്ടാമത് ബാധിതാലോണത്തെ ഉപപത്തിനൂണത്തിൽ നിന്നുള്ള ഉപപത്യുക്തി കൂടെ രാമാനുജാചാര്യയുടെ തന്നെ പറയും ചന്ദ്രൻ പാരമാർത്ഥികാരമാർത്ഥികം ബാധ്യമല്ല തഥാസക്തി ബാധ അബാധ വിപ്ലവ പ്രഭാകരൻ അദ്ദേഹം ഭ്രാന്തിജ്ഞാനത്തെ സ്വീകരിക്കും അങ്ങനെ ഒന്നും സംഭവിക്കുക കഴിയില്ല അങ്ങനെ അദ്ദേഹം പറയുന്നത് എന്താണ് സർവത്ര അനാശ്വാസ പ്രശ്നം നിങ്ങൾ ബ്രഹ്മജ്ഞാനത്തെ സ്വീകരിച്ചാൽ ഒരു ജ്ഞാനത്തെയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ഈ പുസ്തകം ഇത് ബ്രഹ്മല്ലാന്നുണ്ടാവും നിങ്ങൾ രജ്ജുവിലെ സർപ്പം മാത്രം ബ്രഹ്മം എന്ന് അങ്ങനെ പറയാൻ പറ്റും ഒരിടത്തും നിങ്ങൾക്ക് ഒരു ജ്ഞാനത്തിൽ നിങ്ങൾക്ക് സത്യജ് പറയാൻ അതുകൊണ്ട് ബാധ എന്ന് പറയുന്നത് ഭ്രാന്തിക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് സർപ്പം കൊണ്ട് ബാധിത്വവും ശുദ്ധിയിലും ബാധിച്ചു നിജന്ത്രജ്ഞാനം ബാധിച്ചു വരുമ്പരി ജീവജ്ഞാനം ബാധിക്കും അവിടെയൊക്കെ സീഫ് അല്ല പരമാർത്ഥവും ബാധിക്കും എന്നൊക്കെ പറയാൻ പറ്റും ശുദ്ധിജ്ഞാനം ബാധിച്ചു എന്ന് പറയാൻ പറ്റും രജ്ഞാനം ബാധിച്ചു എന്ന് പറയാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാധാബാധ വിപ്ലവമാണ് ഇപ്പോഴൊന്നും ചേർക്കും തമ്മിൽ കല്ലറ്റിലാണ് ഏതാണ് അവിടെ തന്നെ പ്രധാനം ഭ്രാന്തി ഭ്രാന്തി എന്ന് പറഞ്ഞ അവസാനം അവന് സ്വയം തന്നെ തോന്നും തനിക്ക് ഇനിയും ഭ്രാന്തി പിടിച്ചു എന്ന് സ്വയം സംശയിച്ചു ബാധ ബാധിക്കും ഏത് ബാധയാണ് ഏത് ബാധയെല്ലാം തിരിച്ചറിയാൻ കഴിയാതെ അപ്പൊ നിങ്ങൾക്ക് ജ്ഞാനത്തെ രണ്ടായിത്തിരിക്കും യഥാർത്ഥ ജ്ഞാനം ഭ്രമജ്ഞാനം ഭ്രമജ്ഞാനം എന്ന് പറയുന്നതിന് ഒരു പട്ടിക പ്രത്യേകം തയ്യാറും ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഭ്രഹജ്ഞാനമാണ് ഇന്ന ഇന്ന സാധനങ്ങളുടെ യഥാർത്ഥ ജ്ഞാനമാണ് ഇത് സ്വീകരിച്ചതാണ് ഭാഷകാലും ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന യോഗാത്മ പ്രതിയോ എന്ത് പ്രമാണത്തേന തപ്പില ലൗകികം തത്വതൈവേലും പ്രമാണോ ആത്മനിശ്ചയമാണ് ആ പറയുന്നത് മനസ്സിലായിക്കൊണ്ടാണ് എല്ലാമാര്യ എന്ന് ഈ കാണുന്ന ഇതെല്ലാം സത്യജ്ഞാനം എന്ന് സ്വീകരിച്ചേ വരുമ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു ഇത് ഭ്രാന്തി എന്ന് പറയാൻ പറ്റും ഇപ്പോ വിചദ്രജ്ഞാനത്തിന്റെ ഭാഗമായിരിക്കുന്ന തിമിരം അത് ഭ്രാന്തി എന്ന് അദ്വൈതീ പറയാൻ പറ്റും അദ്വൈതം എന്നു പറയുന്ന അനുസരിച്ച് അത് ഭ്രാന്തി ഭ്രാന്തി എന്ന് യഥാർത്ഥ ഏതെന്ന് വേറെ തിരിച്ചറിയാൻ ഇനി ഉദാഹരണം പോലും പറയാൻ പറ്റില്ല രജുസർപ്പ ഉദാഹരണം പറയുന്ന എന്താണ് സർപ്പം ജ്ഞാനം ഭ്രാന്തിയെന്നും ജ്ഞാനം സത്യമൊന്നും അംഗീകരിച്ചാലും ഉദാഹരണം പറയാൻ പറ്റും ഉദാഹരണം പറയാൻ പറ്റും അതുകൊണ്ട് പറയുന്നത് നമുക്ക് യഥാർത്ഥം ഞാനൊക്കെ അംഗീകരിച്ചേ ബുദ്ധിചന്ത്രജ്ഞാനത്തിന്റെ ഭാഗമായിരുന്ന തിരം ഭ്രാന്തി അതുകൊണ്ട് അവിടെ ബാധിതാനോ സംഭവിക്കാം അങ്ങനെയുള്ള സ്ഥലത്തെ സംഭവിക്കുക ഭ്രാന്തിയുള്ള എല്ലായിടത്തും ബാധിതാനോത്തി സംഭവിക്കാം നിങ്ങൾ പറയുന്ന ഭ്രാന്തി അജ്ഞാനം കൊണ്ടുള്ള ഭ്രാന്തിയാണ് ഈ പ്രപഞ്ചത്തിലെ ഭേദ ജ്ഞാനം വേറെ ഒരു ഭാഗം എന്ന് ജ്ഞാനം കൊണ്ട് ബ്രഹ്മജ്ഞാനം മഹം ആ ജ്ഞാനം കൊണ്ടെന്ത് ചെയ്തു ആ ജ്ഞാനം പിന്നെന്തോ ബാധ്യത നമ്മൾ നടക്കില്ല നമ്മൾ തലവുത്തിൽ നിന്നാണ് നടക്കുന്നത് എന്നാരും പറയുന്നത് ഞാനെന്നു അവിടെ തന്നെ കുറച്ചുകൂടെ നമ്മളിത്രയൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ഭാവം കൂടെ വായിക്കുക എല്ലായിടത്തും അങ്ങനെ വായിക്കാൻ പറ്റില്ല ഇതുപോലെ സമയജ്ഞാന ഓർവൻ മനസ്സിൽ കാരണം പാഠത്തില് ചന്ദ്രജ്ഞാനം തന്നെ എടുക്കുക അവിടെ മനസ്സിലായി ചന്ദ്രൻ ഒന്നേ ജ്ഞാനമുണ്ടായി അപ്പോ അവിടെയുണ്ടായ ഭ്രാന്തിയുടെ കാരണങ്ങൾ എല്ലാം ബാധിക്കുന്നു വന്നുകഴിഞ്ഞാൽ തിബരം മാത്രം ബാധിച്ച പോരാ കണ്ണിനും ബാധിച്ചപ്പോൾ ഇന്ത്യയും എന്തുകൊണ്ട് അതെല്ലാം കാരണം ആ ഭ്രാന്തിജ്ഞാനത്തിന് കണ്ണും കാരണമുള്ള എന്തായാലും കണ്ണു കൊണ്ടാണ് ആകാശം സമയം ചെയ്യുന്നത് ആശത്ത് നോക്കി കണ്ണൊന്നുകൊണ്ടാണ് ചന്ദ്രനം എന്നുള്ളത് അവിടെയാണ് അയാൾക്ക് ചന്ദ്രനില് ചന്ദ്രജ്ഞാനം ഉണ്ടായത് അപ്പോൾ കാരണം ബാധിക്കുമ്പോഴൊന്നും ചന്ദ്രം ബാധിക്കും കണ്ണ് ബാധിക്കും കണ്ണ് ബാധിച്ചുകൊണ്ട് ഞാൻ ഇത് സംഭവിക്കും അയാൾ അങ്ങനെ അധ്യാപകരുടെ ആണ് പറയുന്നത് ജ്ഞാന പൂർവ്വജ്ഞാന സ്വീകാരണം ബാധിക്കേ ബാധകജ്ഞാനം കൊണ്ടും പൂർവ്വജ്ഞാനം ഇല്ല ഭ്രാന്തിന്റെ കാരണം ബാധിക്കുന്ന പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇന്ദ്രിയാദികൾ ബാധ പ്രസംഗം ഇന്ദ്രിയാദികളെല്ലാം ബാധിച്ചു എന്നാലേ പ്രപഞ്ചത്തി ഭ്രാന്തി അത് ശരിക്കും ബാധിക്കും ബാധിക്കുന്നതിനെ ജ്ഞാനം അജ്ഞാനത്തെയാണ് ബാധിക്കും അജ്ഞാനം ബാധിക്കുന്നോണ്ട് അജ്ഞാനകാര്യമായ എല്ലാം ബാധിച്ചു എന്നൊന്നു അജ്ഞാനകാര്യമായതുകൊണ്ടാണ് എല്ലാം പോകുന്നത് അതുകൊണ്ട് പറയുന്നതോ വിഷയദേവ ആരോപിത അധിഷ്ഠാന വിഷയേന ദുരിദ്ധാകാല ജ്ഞാനില്ല ബാക്കി ഒരു കാര്യം സ്വീകരിക്കേണ്ടി വരും എവിടെയാണോ ജ്ഞാനമുണ്ടാകുന്നത് യഥാർത്ഥജ്ഞാന അതായത് രജ്ജുവിന് സർപ്പജ്ഞാനമുണ്ടായി ആ സർപ്പജ്ഞാനത്തിന് ബാധ എന്താണ് സംഭവിക്കുന്നത് വിഷയവ ആരോപിത ആരോപിതമായ വിഷയം എന്ന സർപ്പം അത് അധിഷ്ഠാന വിഷയേണ അതിന്റെ അധിഷ്ഠാനമായ രജ്ജുവിനെ വിഷയമാക്കുന്ന വിരുദ്ധാകാരങ്ങളിലായി വിരുദ്ധമായ ആകാരങ്ങളിൽ രജ്ജു ആകാരത്തെ ഗ്രഹിക്കുന്ന ഗ്രഹിക്കുന്ന ജ്ഞാനേനും പരക്തിജ്ഞാനം കൊണ്ട് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ആ വിഷയം ബാധിച്ചു അതുപോലെ പരമസത്യമായിരുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനം കൊണ്ട് അജ്ഞാനവും അജ്ഞാനകാരിയുമായിരുന്ന പ്രപഞ്ചം പോകുന്നു ഇതാണ് അദ്ദേഹം പിന്നെ അങ്ങനെ ബാധിച്ചാൽ പിന്നെ പ്രപഞ്ചം അങ്ങനെ ശിക്ഷയില്ല എങ്ങനെ അതിനാണ് പറയുന്നത് ബാധിക്ക അനുഭവിക്കുക നടത്തിയില്ലെന്നവർപ്പിക്കാൻ പറ്റത്തില്ല അത് വേണമെങ്കിൽ ഈ കൂടാതെ വേറെ ഒരു സത്യം കൂടെ വേണം ഈശ്വരൻ അജ്ഞാനകാന്തമാണ് പ്രപഞ്ചം നന്ദിയെന്ന് പറയുന്നു അങ്ങനെ പറയുന്നിടത്താ ജ്ഞാനം കൊണ്ട് അജ്ഞാനം ബാധിച്ച് പ്രപഞ്ചം നശിക്കും അല്ല ഇനി പറയുന്നത് ഈശ്വര സൃഷ്ടിയാണെങ്കിൽ അല്ല ഈശ്വരന്റെ അജ്ഞാനം കൊണ്ടാണോ ഉണ്ടായിരുന്നു ഈശ്വരമാണ് പിന്നെ തന്റെ ജ്ഞാനം കൊണ്ട് ഈശ്വരന്റെ അജ്ഞാനം കൊണ്ട് രസിക്കുന്നവിടെ വിധികരണം ദോഷം എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി ഈശ്വരന്റെ അജ്ഞാനം രസിക്കുകയും ചെയ്യുമോ നിങ്ങൾ പറയുമ്പോൾ ഈശ്വരന്റെ അജ്ഞാനം ഉണ്ടാകും ഈശ്വരന്റെ അമ്മായി ആ അമ്മായി ശരി നിങ്ങളുടെ ജ്ഞാനം കൊണ്ട് ഈശ്വരന്റെ മായ വിശദം അങ്ങനെ വന്നു എന്റെ ജ്ഞാനം എന്റെ ശിഷ്യന്റെ അജ്ഞാനം രസിച്ചു ഞാൻ ഉപദേശിക്കേണ്ടതായി കോംപ്ലിക്കേറ്റ് ആക്ക എല്ലാം പ്രശ്നമാണ് അദ്വൈതമാണ് ഞങ്ങളുടെ അദ്വൈതത്തിലേക്ക് അവര് പിടിച്ചോ പൊതുവായി പിടിച്ചതുപോലെ എന്റെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈശ്വരന്റെ അജ്ഞാനമാണെന്നോ ഈശ്വരന്റെ മായയാണെന്നോ അതെന്റെ ജ്ഞാനം കൊണ്ടുവന്നും പറയാ അതൊക്കെ പ്രശ്നമായി പിന്നെ ഇതിനൊക്കെ ഒരേ ഒരു സമാധാനമാണ് എന്താണോ ഈ അദ്വൈതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കും എന്താണോ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ജീവിക്കുക അദ്വൈര്യമായിട്ട് ജീവിക്കുക മനസ്സിലാക്കാൻ ഇത് വ്യാവാരിക സത്യങ്ങൾ വ്യാവസിക സത്യം ഭിന്നമാണോ അഭിന്നമാണോ ഭിന്നമാണെങ്കിൽ രണ്ട് സത്യം ഉണ്ടെന്ന് പറയട്ടുണ്ട് അഭിന്നമാണെങ്കിൽ വ്യാവകാരിക സത്യം എന്നു തോന്നില്ല പരമാർത്ഥിക സത്യമുണ്ട് പിന്നെ ഭിന്നമാണോ ഇല്ലാസത്യമാണോ വ്യവകാരി അപ്പൊ വ്യാപാരി സത്യമാണെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് സത്യമായി മിഥ്യാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാവകാരി സത്യം അംഗീകരിക്കുന്നില്ല പിന്നെ ഒരു പരമാവധി സത്യം നിരവധി പ്രശ്നങ്ങളാണ് അവിടെ കിടന്ന് വെള്ളം കൂടി ബുദ്ധിമുട്ടാകും ഞാൻ പറഞ്ഞു മനസ്സിലായോ മനസിലായക ഈ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും അംഗീകളെ എല്ലത്തും വലത്തും ചെയ്യാൻ വേണ്ടി അടിച്ചു ഓടിക്കും പിറകിലോട്ട് ഓടിക്കുമെന്ന് പറയും ഞങ്ങൾ ഇഷ്ടം പറയാ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊക്കെ മതി അദ്വൈതം എന്താണോ മനസ്സിലാക്കി അത് അതുകൊണ്ട് തന്നെ ഹിമാലയങ്ങളും കറങ്ങി നടക്കുന്നത് അവിടെയൊക്കെ ഫീ ഭക്ഷണം കിട്ടും അദ്വൈതയായിട്ട് ഇവിടെ ജീവിക്കാൻ ഇവിടെ അത് കിട്ടത്തി ഇവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഇവ രക്ഷപ്പെട്ട് സ്ഥലം ഇട്ടു പോകണം അദ്വൈതവും കൊണ്ട് നാട് വിടണം പറ്റുള്ളൂ എല്ലാവരും കൂട്ടത്തിൽ ചേർക്കും അന്ന് ചിട്ടാ പോയിട്ട് നേരം ഇവിടെ കഴിയാൻ ചന്ദ്ര തിമിരാകി ചന്ദ്രജ്ഞാനസി ചന്ദ്രസീല വിഷയം മാത്രമല്ല ഈ തിമിരം കൊണ്ടാണല്ലോ രണ്ട് ചന്ദ്രനം കണ്ടു ഇവൻ ചന്ദ്ര രണ്ട് ചന്ദ്രനെ കാണുന്ന സമയത്ത് ആ ജ്ഞാനത്തിന്റെ വിഷയമല്ല തിമിരം ഇനി ഒരു ചന്ദ്രനെ ഉള്ളൂന്നും അടുത്ത് വരുന്നയാളും പറഞ്ഞ് മനസ്സിലായി കൊടുത്തപ്പോഴും ആ ജ്ഞാനത്തിന്റെ വിഷയമല്ല തിമിരം രണ്ട് ജ്ഞാനത്തിന്റെ വിഷയമല്ല പോലും അപ്പൊ പിന്നെ തിമിരും ഇങ്ങനെ ബാധിക്കും ഹാന്തിയുടെ വിഷയവുമല്ല യഥാർത്ഥ ജ്ഞാനത്തിന്റെ വിഷയമല്ല അപ്പോ തിമിരോ എന്ന് ദോഷം കൂടെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉദാഹരണം കൊണ്ടുവന്നു ബ്രഹ്മം ഉണ്ടാവും ബ്രഹ്മത്തോടൊപ്പം ആരും കൂടെ കാണും തിമിരോ അത്വരി എന്തുവരും ബ്രഹ്മസത്യം തിമിരസത്യം രണ്ടാണ് എന്തുകൊണ്ട് ബാധിക്കണമെന്ന ബാധകജ്ഞാനത്തിന്റെ വിഷയമാണ് അതായത് അഹം ബ്രഹ്മാസി എന്ന് പറയുന്ന ആ ജ്ഞാനം കൊണ്ട് അതിൻ്റെ എന്താണ് വിഷയമായ അജ്ഞാനം യഥാർത്ഥം കൊണ്ട് എന്താണ് ഭ്രാന്തിയുടെ കാരണമായി അജ്ഞാനം അതായത് അജ്ഞാനം എന്ന് പറയുമ്പോ ഈ ഭേദപ്രപഞ്ചം അത് നശിക്കുന്നു അജ്ഞാനം അജ്ഞാനമാണല്ലോ ഇങ്ങനെ അജ്ഞാനം എന്റെ വിഭാഗം അപ്പൊ അതൊക്കെ നശിക്കും പക്ഷെ ഇവിടെ നിജേന്ദ്രജ്ഞാനത്തിനൊന്നും ഏക ചന്ദ്രജ്ഞാനം ഉണ്ടാകും തിവരം നശിക്കില്ല ഭഗവതുകൊണ്ട് അജ്ഞാനത്തിന് അത് വിഷയമേ അത് ഭ്രാന്തിജ്ഞാനത്തിന് വിഷയമില്ല ബാധകജ്ഞാനത്തിന് വിഷയം ചന്ദ്രേകത്വാന വിഷയം വിരാദോഷം ഭ്രാന്തിജ്ഞാനങ്ങളുടെയും വിഷയമില്ല ചന്ദ്രേകത്വജ്ഞാനത്തിന്റെ വിഷയമില്ല അതുകൊണ്ടെന്താണ് അത് ചന്ദ്രജ്ഞാനത്തിൽ ബാധിതാനുമൂർത്തി ഞങ്ങൾ അംഗീകരിക്കുക പക്ഷെ നിങ്ങൾ പറയുന്നത് ജ്ഞാനം കൊണ്ടുള്ള അജ്ഞാനം നശിച്ചു അജ്ഞാനകാര്യമായ പ്രപഞ്ചം നശിച്ചു എന്നു പറഞ്ഞാൽ ബാധ്യതാനുമൂലത്തി സ്വീകരിക്കാൻ ഒരു വഴിയും കാണാം അപ്പോൾ ഒരു ബാധാനുമൂർത്തി സ്വീകരിക്കുന്നതിൽ ആരോപര ശിക്ഷനില്ല ഒരു നെയ്സ് ഓനേസും നടക്കും എന്ന് ചുരുക്കി പറയാം